ുഃഖം നല്ലവണ്ണം അനുഭവിച്ചു വിരക്തമായ ചിത്തം ഭഗവാന് ശരണാഗതി പ്രാപിച്ചാൽ പിന്നെ ഭഗവാനെ വിടില്ല രസഗ്രഹ രസം അവിടെ രസാനുഭവം ഉണ്ടായാൽ പിന്നീട് നാന്യത്ര സാത് രതിഹി ക്വച്ചിത്ത് വേറെ ഒന്നിലും രതി ഉണ്ടാവില്ല തൃപ്തി ഉണ്ടാവില്ല ഇഷ്ടം ഉണ്ടാവില്ല എന്നാണ് ഇതിലൊരു സുഖം നേടിയവൻ പിന്നെ എന്തിനു പോയി എച്ചിലതും അപ്പോ പുറമേക്ക് നിസ്പൃഹ സർവകാമേഭ്യോ ഇനി ഒന്നും വേണ്ട അവൻ ആപ്തകാമൻ എന്നാണ് അവന് പേര് എല്ലാം നേടിക്കഴിഞ്ഞു ആപ്തകാമൻ എല്ലാ കാമനകളും അവൻ അവസാനിച്ചു എന്നാണ് എല്ലാം സാധിച്ചു കഴിഞ്ഞു അവൻ അതുകൊണ്ട് ഇനി അവനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വിളിച്ചിട്ട് അവനെ പുറമേക്ക് കൊണ്ടുവരാൻ വയ്യ നിസ്പൃഹ സർവകാമേഭ്യോ യുക്തേ തഥാ അവനെ സമാധിസ്ഥിതനായ യോഗി എന്ന് പറയപ്പെടുന്നു എപ്പോ ഒരാളുടെ ചിത്തം ഒരു കാരണവശാലും പുറമേക്ക് വരാൻ കൂട്ടാക്കുന്നില്ലയോ എപ്പോ ഒരാളുടെ ചിത്തം സദാ ആത്മാവിലെ വർത്തിക്കുന്നുവോ എപ്പോ ഒരാളുടെ ചിത്തം നിരന്തരം നിശ്ചിന്തമായിട്ട് നിശ്ചരത്തായിട്ട് നിൽക്കുന്നുവോ അപ്പോ അവനെ സമാധിസ്ഥിതനായ യോഗി എന്ന് പറയുന്നു ആ ചിത്തത്തിനെ ഒരു ഉദാഹരണം കൊണ്ട് വർണ്ണിക്കുകയാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ യഥാദീപോനി േ സോപമാ സ്മൃത യോഗിനോയച്ചിട്ടുഞ്ജം ആത്മന യഥീപേത്തെ നഗത്തെ സ ഉപമാ സ്മൃത സ ഉപമാ സ്മൃത ഉപമ പറയാണ് ഭഗവാൻ ഇവിടെ ഒരു ഉദാഹരണം എന്തു ഉപമ യോഗിയുടെ ആ ധ്യാനസ്ഥിതിയിൽ സമാധിസ്ഥിതിയിലുള്ള ചിത്തത്തിനെ എന്തിനോട് ഉപമിക്കാം എന്ന് ചോദിച്ചാൽ അതിന് ഭഗവാൻ പറയുന്നു നിവാതസ്ഥീപ ഉം കാറ്റില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച വിളക്ക് ആ വിളക്കിലുള്ള നാളം ആ നാളം എങ്ങനെ അല്പം പോലും ചലിക്കാതെ ചലനമില്ലാതെ നിസ്പന്ദ് അത് ജ്വലിച്ചു നിൽക്കുമോ അതുപോലെ യോഗിനിത്ത അതേപോലെ സർവവാസനകളും അറ്റ് യഥചിത്തനായ യതിവര്യന് ചിത്തം നല്ലവണ്ണം ഹൃദയത്തിൽ ആത്മാവിൽ ൂഢമായിമായിട്ടുള്ള യതിക്ക് യോഗം യുജത യോഗസ്ഥിതിയിലിരിക്കുന്നവന് യോഗത്തിൽ യോജിപ്പിച്ചു നിർത്തിയിരിക്കുന്നവന് യോഗസ്ഥിതിയിലുള്ളവന്റെ ചിത്തത്തിനെ ആ കാറ്റില്ലാത്ത സ്ഥലത്തുള്ള ദീപനാളത്തിനോട് ഉപമിക്കാം എന്നാണ് കാറ്റില്ലാത്ത സ്ഥലത്ത് നിൽക്കുന്ന ദീപനാളം പോലെ ഉള്ളില് ചിത്തം അച്ചലം ചിത്തമല്ല അവിടെ വാസ്തവത്തിൽ അച്ചഞ്ചലം ഞാൻ ഉണ്ട് എന്നുള്ള ആ ഉണർവുണ്ടല്ലോ ആ ഉണർവ് എങ്ങനെ ജാജ്വല്യമാനമായി അവിടെ നിൽക്കുന്നതുകൊണ്ട് ചിത്തമില്ല അവിടെ ഞാൻ ഉണ്ട് എന്നുള്ള ആ ഉണർവ് ഞാൻ ഞാൻ ഞാൻ എന്നുള്ള അനുഭവം അഗ്നിസ്പന്ദം അഗ്നിസ്തംഭം പോലെ അവിടെ കാറ്റില്ലാത്ത ദീപം മാതിരി അവിടെ നിൽക്കുന്നു ആചാര്യപാതര് യോഗതാരാവലി എന്ന കൃതിയിലും ഇതു പറയുന്നുണ്ട് ഈ കാറ്റിലാത്തീപം നിരന്തര അഭ്യാസ്രാണ് നിരന്തര അഭ്യാസം കൊണ്ട് സർവത്തോ ഭദ്രോ ആയിരിക്കുന്നു അത്രേ അവരുടെ ധ്യാനം ഇനി അത് ചലിച്ചു നഷ്ടപ്പെട്ടു പോവില്ല എന്നാണ് അതും നിവാത ദീപ ഇവനിശ്ശലങ്ക മനോന്മനിഗ്നധിയോ ഭവന്തി ആ അവസ്ഥയ്ക്ക് ഉന്മനി ഭാവം എന്ന് പറയുന്നു മനോന്മനി എന്ന മുദ്ര ശ്രീ ശങ്കര ഭഗവത്പാദർ പതിനാറാമത്തെ വയസ്സിൽ ഉത്തരകാശിയിൽ വന്ന ഈ മനോന്മനി മുദ്രയിലിരുന്നു എന്നാണ് തമിഴ്നാട്ടിൽ തിരുവടൈമരുതൂർ എന്ന സ്ഥലത്തും അദ്ദേഹം കുറച്ചു കാലം മനോന്മനി എന്ന ഈ മുദ്രയിൽ നിർവികൽപ്പ സ്ഥിതിയിൽ ചലിക്കാതെ ഇരുന്നു അത്രയും ധ്യാനം പ്രബലമായ ഭാവത്തിലെത്തുമ്പോൾ ശരീരവും ചലിക്കുന്നില്ല മനസ്സും ചലിക്കുന്നില്ല ഏകാഗ്രമായ നിർവികൽപ്പ സ്ഥിതി ആ നിർവികൽപ്പ സ്ഥിതിയാണ് ഇവിടെ മനോന്മനി എന്ന് പറയുന്നത് ചിത്തവൃത്തികൾ ഒന്നും ൂഷി ദൂഷിപ്പിക്കാതെ മായം ചേർക്കാതെ ഞാൻ എന്നുള്ള ആ അനുഭവം ശുദ്ധ ചിത്ത് ചിതഗ്നി ചിതഗ്നി ലളിതാ സഹസ്രനാമത്തില് നമ്മൾ ചിതഗ്നി കുണ്ടസംഭൂതാ എന്ന് പറയുന്നുവല്ലോ ആ ചിതഗ്നി ചിതഗ്നിയിൽ നിന്നാണ് ദേവശക്തി ഉദ്ഭവിക്കുന്നത് ആ ചിതഗ്നി ഉള്ളിലങ്ങനെ ജ്വലിച്ചു നിക്കും ഈ ചിതഗ്നി നമ്മളിപ്പോ സത്സംഗത്തിൽ ഇത് പറയുമ്പോ ആ ഇവിടെ ഉണ്ട് നമുക്കതാണ് സത്സംഗത്തിന്റെ പ്രാമുഖ്യം ഇത് കഴിഞ്ഞിട്ട് ഇത് പ്രായോഗികമാകുമെന്നൊന്നും ചിന്തിക്കേണ്ട നമ്മൾ ഇവിടെ പറയുമ്പോ അത് അനുഭവിക്കുന്നു ഇത് പറയുമ്പോ ആ സ്ഥിതിയിൽ നമ്മള് കുറച്ചു കുറച്ച് ആ രസം അനുഭവിക്കുന്നു അത് ഇത് ക്രമേണ പരിഭാഗപ്പെട്ട് ഇപ്പൊ വിത്ത് പാകിയിരിക്കുന്നു ഉള്ളിൽ എപ്പോഴെങ്കിലും ഒക്കെ മരമായിട്ട് മുളയ്ക്കും നമ്മള് നമ്മളുടെ മനസ്സിനെ കൊണ്ട് അതിനെ തൊട്ടിട്ട് അശുദ്ധപ്പെടുത്താതിരുന്നാൽ മതി മനസ്സുകൊണ്ട് തൊട്ടാൽ അശുദ്ധപ്പെടും മനസ്സുകൊണ്ട് തൊടരുത് ഈ അനുഭവത്തിനെ മനസ്സവിടെ മാറി നിൽക്കട്ടെ സത്സംഗത്തിൽ കേട്ടതിനെ ഹൃദയത്തിലാക്കിയിട്ട് മറന്നിട്ട് പോയിക്കോളൂ ആ കുഴപ്പമില്ല ഈ മനോന്മനിന്ന് പറയുന്ന അവസ്ഥ എന്താ മനസ്സ് മാറി നിന്ന് ആത്മാവ് പ്രകാശിക്കുന്ന സ്ഥിതി ഇതൊന്നും നമ്മളിപ്പോ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ ഈ ജന്മത്തിലൊന്നും സാധിക്കില്ല എന്ന് ബുദ്ധി പറയും ഈശ്വര കൃപ കൊണ്ട് ആലോചിച്ചാൽ ഇപ്പൊ സിദ്ധമാണെന്ന് ഈശ്വര കൃപ പറയും ഏതിനെ വിശ്വസിക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളൂ ബുദ്ധി കൊണ്ടോ മനസ്സുകൊണ്ടോ ആലോചിച്ചാൽ നമ്മളെ കൊണ്ടൊന്നും സാധ്യമില്ല എന്ന് ബുദ്ധിയും മനസ്സും പറയും അത് നമ്മളുടെ സാമർഥ്യം കൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണ് എന്റെ സാമർഥ്യം കൊണ്ട് സാധിക്കോ എന്ന് ആലോചിക്കുമ്പോൾ ബുദ്ധിയും മനസ്സും അതേ ഇപ്പൊന്നും പറ്റില്ലാന്ന് പറയും അതാണ് അടിക്കു പന്നി പോയി നിൻ മുടിക്കൊരന്നവും പറന്ന് അടുത്തുകൊണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേന്ന് ഈ പന്നിയും അന്നവും വിഷ്ണുവും ബ്രഹ്മാവുമല്ല നമ്മളുടെ ബുദ്ധിയും മനസ്സുമാണ് അതിനെ ഒരു സിംബോളിക്കായിട്ട് പറഞ്ഞു അത്രേ ഉള്ളൂ ബുദ്ധിയും മനസ്സും ആത്മാവിന്റെ അടിമുടി കാണാൻ ശ്രമിക്കുന്നതിന് ഒരു സിംബോളിസമാണ് സാധിച്ചില്ല എന്നാണ് പിന്നെ എന്താ കൊണ്ട് ഭഗവാൻ എടുത്തു വിഴുങ്ങുമ്പോ ഉള്ളില് അത് പ്രകാശിക്കും എടുത്തു നീ വിഴുങ്ങിയെന്ന ഇന്ദ്രിയങ്ങളോടുടൻ അടിച്ചിടും നമശിവായ നായക നമോ നമ ഭഗവാന്റെ കൃപ നമ്മളിലേക്ക് പ്രവഹിക്കുമ്പോ ആ കൃപാശക്തി ആ അനുഭവത്തിനെ തരണം നമുക്ക് കൃപയെ വിശ്വസിച്ചുകൊണ്ട് വേണം അധ്യാത്മമാർഗത്തിൽ മുന്നോട്ടു പോവാൻ നമ്മളുടെ സാമർഥ്യത്തിനെ വിശ്വസിച്ചോ ബുദ്ധിശക്തിയെ വിശ്വസിച്ചോ ഇന്ദ്രിയ വിശ്വസിച്ചോ ശാസ്ത്രപാണ്ഡിത്യത്തിനെ വിശ്വസിച്ചോ നമുക്ക് അധിക ദൂരം പോവാൻ പറ്റില്ല ഭഗവാന്റെ കൃപയെ വിശ്വസിച്ചു കൊണ്ട് ഇപ്പൊ സത്സംഗത്തിൽ കേൾക്കണമല്ലോ കൃപ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ സാധിക്കട്ടെ ഇല്ലെങ്കിൽ കേൾക്കേണ്ട സ്ഥിതിയിൽ ഭഗവാൻ വെച്ചിരിക്കണമല്ലോ അത് കേൾക്കേണ്ട സ്ഥിതിയിൽ വെച്ചിരിക്കുന്നുവല്ലോ കേൾപ്പിക്കണമല്ലോ അത് മതി ശ്രവണായാമി ബഹുബെറിയോണ ലഭ്യ ശ്രവണം സാധിച്ചിരിക്കും അപ്പോ ശ്രവിച്ചുള്ള ഇവിടെ മനസ്സ് കാറ്റില്ലാത്ത സ്ഥലത്ത് നിൽക്കുന്ന ദീപം പോലെ മനസ്സ് ഒടുങ്ങി ആത്മാനുഭവം ഉജ്ജ്വലമായി നിൽക്കുന്ന സ്ഥിതിയെ യോഗസ്ഥിതി എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു അതിനെ അല്പം കൂടെ വിസ്തരിച്ച് വർണ്ണിക്കുകയാണ് അടുത്ത ശ്ലോകത്തില് യോപരമത്തെയാത്രമത്മാനം പശ്യൻ ആത്മനിഷ്യമത്തെ ചിത്തം ഉപരമണം എന്ന് വെച്ചാൽ എവിടെയോ ചെന്ന് മറയുക എവിടെയോ ചെന്ന് ലയിക്കുക ഉപരമിക്കുക ചിത്രം എത്ര ഉപരമതെ ധ്യാനം ചെയ്യുമ്പോ ചിത്തം ഹൃദയത്തിൽ ഉപരമിക്കും ഹൃദയസ്ഥാനത്തിൽ ഉപരമിക്കും ചിത്തം ഈ മനസ്സ് എവിടെ പൊന്തുണു എന്ന് അന്വേഷിച്ചാൽ ആ പൊന്തുന്ന സ്ഥാനത്ത് അത് രമിക്കും പൊന്തു സ്ഥാനത്ത് ആ ലയിക്കുമ്പോ അവിടെ എന്തുണ്ടാവും ചിത്തം നിരുദ്ധം ആ സ്ഥിതിക്ക് നിരുദ്ധം എന്നാണോ പേര് ലയം വിക്ഷേപം കഷായം എന്ന് പറഞ്ഞ പോലെ തന്നെ വിക്ഷേപം കഷായം ക്ഷിപ്തം മൂഢം വിക്ഷിപ്തം ഇങ്ങനെ ഒരു അവസ്ഥകളും പറയും യോഗികൾ അതിലെ ഇവിടെ നിരുദ്ധം നിരുദ്ധം എന്ന് വെച്ചാൽ തൽക്കാലത്തേക്കുള്ള സമാധി സുഖമാണ് നമ്മൾ ധ്യാനിക്കുമ്പോ മനസ്സങ്ങനെ അടങ്ങി നിശ്ചലമായി സ്വരൂപത്തിൽ നിൽക്കുന്ന സ്ഥിതി ചിലപ്പോ ജപം ചെയ്യുമ്പോ ജപവും നിന്നു പോയിട്ടുള്ള ഒരു നിശ്ചലസ്ഥിതി വരും അപ്പൊ എന്താ ചിത്തവൃത്തികളില്ല നല്ല നിറഞ്ഞു ശാന്തി അതാണ് ഉപരതി എന്ന് ഭഗവാൻ ഇവിടെ ഉപരമണം എന്ന് പറഞ്ഞത് എത്ര ഉപരമത്തെ ചിത്തം നിരുദ്ധം യോഗസേവയ ആ സ്ഥിതിക്ക് നിരുദ്ധം എന്ന് പേര് ചിത്തവൃത്തി നിരോധം അതെങ്ങനെ ഉണ്ടായി യോഗസേവയാ യോഗത്തിനെ അനുഷ്ഠിച്ചതുകൊണ്ട് യോഗസ്ഥിതിയെ അനുഷ്ഠിച്ചതുകൊണ്ട് ധ്യാനം പരിശീലിച്ച് പരിശീലിച്ച് നിരുദ്ധം യോഗസേവയാ അവിടുത്തെ എന്താ എത്ര ചെയ്യ ആത്മനാ ആത്മാനം പശ്യന്ന് ആത്മനി തുഷ്യതി ആത്മാവിനെ എങ്ങനെ കാണും മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ കാണാൻ പറ്റില്ല ആത്മാവിനെ ആത്മാവ് കൊണ്ട് കാണുക അല്ലെ ആത്മാവിനെ ആത്മാവ് കൊണ്ട് കാണുക ഒരു രാമൻകുട്ടി രാവണന്റെ വേഷം കെട്ടി നാടകം കളിച്ചാൽ അയാൾക്ക് രാവണനാണ് താൻ രാമനാണ് എന്നറിയാൻ രാമൻകുട്ടിയാണ് എന്നറിയാൻ ഇനിപ്പ വേഷം ത്തിന്റെ രാവണ വേഷത്തിന്റെ ആവശ്യമുണ്ടോ ആ വേഷം മാറ്റി വെച്ചാൽ താൻ അത് തന്നെ ആ വേഷം കെട്ടുമ്പോഴും താൻ അത് തന്നെ അപ്പൊ ഈ ശരീരം മനസ്സ് ബുദ്ധിയൊക്കെ വേഷം കെട്ടിയിരിക്കുകയാണ് വേഷം കെട്ടുമ്പോഴും ഞാൻ ഞാനായിട്ട് നിൽക്കുന്നുണ്ടല്ലോ ഉള്ളില് ആ ഞാനിനെ ഉപാധികളൊക്കെ മാറ്റിയാൽ വേഷഹാനത്തെ സ്വാത്മദർശനം വേഷം പോയാൽ ആത്മദർശനം ഉപാധികളെ മാറ്റിയാൽ ഞാൻ ഞാനായിട്ട് നിൽക്കുന്ന സ്ഥിതി ഞാൻ ഞാനായിട്ട് എന്നിൽ രമിക്കുന്ന സ്ഥിതി അതാണ് ആത്മന ആത്മാനം പശ്യന്ന് ആത്മനിഷ്യ ആത്മാവിനെ അറിയാൻ ഇന്ദ്രിയങ്ങളുടെയോ മനസ്സിന്റെയോ സഹായം ആവശ്യമില്ല ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് എന്നിങ്ങനെ ഉള്ള ഉണർവ് ആ അനുഭവത്തിനെ അനുഭവിക്കാൻ മറ്റൊന്നും വേണ്ട ഒരു വിളക്കുണ്ട് എന്ന് അറിയാൻ മറ്റൊരു വിളക്ക് വേണോ സ്വബോധെ ന അന്യബോധേച്ഛ ബോധരൂപതയാ ആത്മനീപീപേ യത്മപ്രകാശനെ ഒരു വിളക്കിന് ഇനിയൊരു വിളക്ക് വേണ്ട മറ്റൊരു വിളക്ക് വേണ്ട അതുപോലെ ഒരു ബോധത്തിനെ താൻ എന്നുള്ള ബോധത്തിനെ ബോധിപ്പിക്കാൻ മറ്റൊരു ബോധം വേണ്ടെന്നാണ് മറ്റൊരാളാവശ്യമില്ല അത് സ്വസംവേദ്യമാണ് സ്വപ്രകാശമാണ് സ്വയം ജ്യോതിയാണ് അപ്പോ അതാണ് ഭഗവാൻ ഇവിടെ ആത്മാനം ആത്മനി തന്നിൽ താനായി തന്മയ സ്വരൂപത്തിൽ തന്നെ കാണുന്നു ആ സ്ഥിതിയിൽ നിർവിശേഷമായ സുഖം ആ സുഖത്തിനെ വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാൻ വയ്യ എത്രയുണ്ടെന്ന് പറയാൻ പറ്റില്ല അന്ന് നമ്മൾ ഈ മനസ്സുകൊണ്ട് ഊഹിക്കാൻ സാധ്യമല്ല ഒരു തവള കെനറ്റിൽ കിടക്കണം കിണറല്ലാതെ ആ തവള ഒന്നും കണ്ടിട്ടില്ല കിണറ്റിന്റെ ഉള്ളില് അല്പത്തിരി വെള്ളമുണ്ട് അതല്ലാതെ ഒന്നും കണ്ടിട്ടില്ല അപ്പൊ സമുദ്രകരയിൽ വസിക്കുന്ന ഒരു തവള എങ്ങനെയോ വന്നീ കിണറ്റിൽ പെട്ടുപോയി അപ്പൊ ഈ തവള ചോദിച്ചു ഏ നീ എവിടുന്നാ വരണത് അപ്പൊ ഈ തവള പറഞ്ഞു ഞാൻ സമുദ്രത്തിന്ന് വരികയാണോ സമുദ്രം എങ്ങനെയുണ്ടാവും സമുദ്രം വലുതാണോ അപ്പൊ ഈ തവള തവളയുടെ കൈ എത്ര ഉണ്ടാവും ഇത്ര ഉണ്ടാവോ അയ്യോ അത്രയൊന്നുമല്ല അത് പറയും പിന്നെ ഇത്ര ഉണ്ടാവോ അയ്യോ അത്രയൊന്നുമല്ല പറഞ്ഞറിയിക്കാൻ പറ്റില്ല പിന്നെ എത്ര ഉണ്ടാവും ഇത്ര ഉണ്ടാവോ രണ്ടാമത്തെ കൈ ഉപയോഗിക്കാൻ പോലും മനസ്സില്ല ഇത്രയുണ്ടാവോ ഏ അതൊന്നും പറഞ്ഞറിയിക്കാൻ പിന്നെ ഇത്ര ഉണ്ടാവോ അത്ര പിന്നെ ഇത്ര ഉണ്ടാവോ അപ്പൊ തന്നെ ഈ തവളയ്ക്ക് വിശ്വാസം ഇല്ലയെന്നാണ് ഇത്രയൊക്കെ ഉള്ള ഒരു കിണറോ ഒരു സമുദ്രമോ ഏ അതൊന്നും അതിനേക്കാളും ഒക്കെ വലുതാണോ അപ്പൊ തവള നിൽക്കുന്ന സ്ഥാനത്ത് അല്പമൊന്ന് ചാടി എന്നിട്ട് ഇത്ര ഉണ്ടാവോ ചോദിച്ചോട്ട് ഏ ഇതിനേക്കാളും ഒക്കെ വലുതാണോ ഒന്ന് നല്ലവണ് ആഞ്ഞു ചാടി ഇത്രയുണ്ടാവുമോ ചോദിച്ചു ടോ ഇത്രയൊന്നും അല്ലോ ഇതിനോടൊന്നും അതിനെ ഉപമിക്കാൻ പറ്റൂല സമുദ്രത്തിനെ പിന്നെ എന്റെ കിണറ്റിന് എത്ര ഉണ്ടാവുമോ ഡോ തന്റെ കിണറിനെ സമുദ്ര ഡോ അനാവശ്യം പറയരുത് എന്റെ കിണറിനേക്കാളും വലുത് ഇവിടെ എന്താ ഉള്ളത് അപ്പൊ ആ തവളെ പറഞ്ഞു കുഞ്ഞെ സമുദ്രത്തിനോട് ഉപമിക്കണമെങ്കിൽ ആകാശമേ ഉള്ളൂ ഡോ ആകാശമേ എന്റെ കെനറ്റിന്റെ ഉള്ളിലാണ് നിക്കണത് പുറത്തൊന്നും കണ്ടിട്ടില്ലേ ഈ ആകാശമേ എന്റെ കിണറ്റിന്റെ വട്ടക്കെട്ടിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത് പാരപെറ്റുവാളുടെ ഉള്ളിലാണ് പിന്നെ നീ എന്ത് ആകാശം പറയണത് ഈ തവളയെ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും സമുദ്രം എന്താന്ന് അല്ലേ നമ്മൾ പലരും അങ്ങനെയാണ് വേദാന്തം ബ്രഹ്മവിദ്യ അതേതൊക്കെ ഓ അതൊക്കെ നമ്മൾ എത്ര കേട്ടിരിക്കണു ഇവിടെ തന്നെ ഉണ്ടാവും എവിടെങ്കിലും ഒക്കെ ഇരിക്കും എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും കാന്റിന്റെ ഉള്ളിലെ തവള അല്ലെ കൂപമൺ തൂകം പേര് എവിടെങ്കിലും ഒക്കെ ഇരിക്കും ഓ നമ്മൾ എത്ര കേട്ടിരിക്കണു ഇതിനെങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റും ഈ കൂപമണ്ഡൂകത്തിന് അപ്പൊ ഈ കൂപമണ്ഡൂകത്തിന് സമുദ്രം കാണിച്ചു കൊടുക്കാൻ സാധ്യമാണോ ഒരിക്കലും സാധ്യല്ല കൂപമണ്ഡൂകത്തിന് സമുദ്രം കാണിച്ചു കൊടുക്കാൻ ഈ തവള എന്തു ചെയ്തു പതുക്കെ കിണറ്റെന്ന് പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി സമുദ്രക്കരയിൽ കൊണ്ടുചെന്ന് നിർത്തി അതിന് തവള സമ്മതിച്ചല്ലോ അല്ലേ ചില കൂപമണ്ഡൂകങ്ങള് കെനറ്റെന്ന് പുറത്തേ വരില്ല സമുദ്രം ഉണ്ടെന്ന് വിശ്വസിക്കാനേ തയ്യാറാവില്ല ആ കൂപമണ്ഡൂകങ്ങൾ കെനറ്റിന്റെ ഉള്ളിലുള്ള കുഴിയിലെ എവിടെയെങ്കിലും ഒരു ദ്വാരത്തിലിരുന്ന് നാറിക്കഴിച്ചു കൂട്ടിക്കൊള്ളും കെനറ്റിലെ തവള പോട്ടെ നമ്മുടെ മഹർഷി ഒരു പാട്ടിൽ പറയണു തണ്ടലർ മണ്ഡുഗം തണ്ടലർ മണ്ടുകം എന്ന് വെച്ചാൽ താമരയുടെ ചുവട്ടിലിരിക്കുന്ന തവളാന്നാണ് നല്ല ജ്ഞാനികളുടെ അടുത്തും പോലും അങ്ങനെ ഉണ്ടാവുക സത്സംഗം നടക്കുമ്പോ അതിനടുത്തും ഉണ്ടാവും തണ്ടലർ മണ്ടുഗം അതായത് അവിടെ താമരയിലെ തേൻ കുടിക്കാം പക്ഷെ ഈ തവള എന്ത് ചെയ്യുവത്രേ താമരനാളത്തിന്റെ ചുവട്ടിലിരുന്ന് ചണ്ടി തിന്നും ചളി തിന്നും താമരയുടെ തേൻ കുടിക്കില്ല താമരയുടെ തേന് വേണമെങ്കിൽ കുടിക്കാം പക്ഷെ താമരയുടെ എലയുടെ ചുവട്ടിലിരുന്നു കൊണ്ട് ചളി തിന്നുന്ന തവള പോലെ അതിനെങ്ങനെ പരമാനന്ദത്തിന് പറഞ്ഞാൽ മനസ്സിലാവോ മനസ്സിലാക്കാൻ കൂട്ടാക്കുവോ ആ തവളയെ സമുദ്രക്കരയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു ആന്ന് വായുപൊളിച്ചു അത്രേ ഉമ്മുണ്ടോ എന്നാണ് അപ്പോ ആ പരമാത്മ അനുഭവം ഭഗവത് അനുഭൂതിയെ ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുകയാണ് നോക്ക സുഖം ആത്യന്തികം യത്തത് ുദ്ധിഗ്രാഹ്യമതിരിയ വേത്തിയൈവായ സ്ഥിര ചലതി തം ലബ്വാ ചാഭം മന്യത്തെ स्थितो ദുഃഖേനരു വിചാല് ദുഃഖ സംയോ വിയോം യോഗ സനിശ്ചയോ ുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം വേത്തിയത്രലതി തത്മാനുഭവം ധ്യാനവേളയിൽ സമാധിയിൽ അനുഭവിക്കുന്ന സുഖം ഉണ്ടല്ലോ ആത്യന്തികം സുഖം ആത്യന്തികം ക്ഷേമം ആത്യന്തികം സുഖം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ സമുദ്രത്തവള കേത്തവളക്ക് സമുദ്രം കാണിച്ചു കൊടുത്ത പോലെ തന്നെ അപ്രമേയമായ സുഖം മനസ്സുകൊണ്ട് അനുഭവിക്കുന്ന സുഖം ഒക്കെ തന്നെ പരിച്ഛനമാണ് അനുഭവിക്കുന്ന സുഖമൊക്കെ എത്ര സുഖമായിട്ടുണ്ടെങ്കിലും നഷ്ടപ്പെട്ടു പോകും മാത്രമല്ല അതിനൊരു വിപരീത അനുഭവം ഉണ്ടാവും അതുപോലെ ദുഃഖം ഉണ്ടാവും ഡിപ്രഷൻ ഉണ്ടാവും അപ്പോ ഇത് ആത്യന്തികം സുഖം നിർവിശേഷ സുഖമാണ് അവിടെ മനസ്സുകൊണ്ടല്ല സുഖം ഏർപ്പെടുന്നത് സുഖം നിർവിശേഷമാണ് മനസ്സ് വേണ്ട അത് അനുഭവിക്കാൻ അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവാത്ത സുഖം ബുദ്ധിഗ്രാഹ്യം ഇവിടെ ബുദ്ധിഗ്രാഹ്യം എന്ന് പറയാൻ കാരണം ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാവുന്നത് ബുദ്ധി കൊണ്ട് പിടിക്കാവുന്നത് എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് സുഷുപ്തിയിലെ സുഖത്തിൽ നിന്ന് ഇതിനെ മാറ്റി നിർത്തുകയാണ് സുഷുപ്തിയിലെ നമുക്കൊരു സുഖമുണ്ട് ദിവസം അല്ലേ ദിവസവും രാത്രി ഉറങ്ങുമ്പോ സുഖമായിരുന്നു എന്ന് പറയണു പക്ഷെ ആ സമയത്ത് ബുദ്ധി ജാഗ്രതയോടെ ഇല്ല അവിടെ അതുകൊണ്ട് അനുഭവിക്കുമ്പോ അറിഞ്ഞില്ല അനുഭവിക്കുമ്പോ അറിഞ്ഞില്ല പക്ഷെ ഈ ധ്യാനവേളയിൽ സമാധി വേളയിൽ ബോധപൂർവം മനസ്സിനെ സംയമനം ചെയ്യുന്നതുകൊണ്ട് ഏർപ്പെടുന്ന സുഖമുണ്ടല്ലോ ആത്യന്തികവുമാണ് ബുദ്ധി ജാഗ്രതയോടെ വർത്തിക്കുന്നത് കൊണ്ട് നല്ലവണ്ണം അത് റിഫ്ലക്ട് ചെയ്ത് കാണിക്കും അപ്പൊ ബുദ്ധിയിൽ തെളിയും ആത്മാവിന്റെ അനുഭവം ബുദ്ധിയിൽ തെളിയും ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുകയല്ല ബുദ്ധിയിൽ തെളിയും ജാഗ്രതയുണ്ട് ജാഗ്രതാ രൂപത്തിൽ സൂക്ഷ്മമായ ബുദ്ധി അപ്പോ നമ്മളുടെ ബ്രെയിൻ പവർ ബുദ്ധി എന്ന് പറയുന്നത് ലിമിറ്റേഷൻ അതിന്റെ പരിചിന്ന അവസ്ഥയെ വിട്ടിട്ട് അത് ഭഗവാന്റെ വിഭൂതിയായിട്ട് മാറും അപ്പൊ നമ്മളുടെ ബുദ്ധി തന്നെ ഭഗവാന്റെ വിഭൂതിയായിട്ട് മാറി ജ്ഞാനികളുടെ ബുദ്ധി തന്നെ ജഗതീശ്വരിയെ സ്വരൂപമായി അവിടെ ആവിർഭവിച്ച് സകല സിദ്ധികൾക്കും മൂലസ്ഥാനമായിട്ട് നിൽക്കും അവിടെ ജ്ഞാനികളുടെ ബുദ്ധി ബുദ്ധിയല്ലാതായിട്ട് മാറുമത് അത് സാധാരണ തലത്തിലുള്ള ബ്രെയിൻ അല്ല അത് അതിസൂക്ഷ്മമായ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ ശക്തിയുള്ളതും അതീവ പ്രഭാവമുള്ളതും തേജസ് ഭഗവാന്റെ ഒരു വിഭൂതിയായിട്ട് മാറും ആ ബുദ്ധി അതാണ് ബുദ്ധിർ ബുദ്ധിമതാമസ്മി തേജസ് തേജസ്വിനാമഹം ബലം ബലവതാംഹം കാമരാഗ വിവർജിതം എന്നൊക്കെ ഭഗവാൻ ആ ബുദ്ധി തന്നെ ഭഗവാന്റെ ഒരു വിഭൂതിയായിട്ട് മാറുന്നു ഇവിടെ അപ്പൊ ആ വിഭൂതിയെ സ്വരൂപമായ ബുദ്ധി കൊണ്ട് ആത്മാനുഭവം തെളിയുന്നു എന്നാണ് ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം ഇന്ദ്രിയ പ്രത്യക്ഷമല്ല ഇന്ദ്രിയവേദ്യമല്ല ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ വയ്യ ഇന്ദ്രിയങ്ങൾ അടങ്ങിയിട്ട് ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള സുഖത്തിനെ സൂക്ഷ്മമായി ശുദ്ധ ബുദ്ധി ഇവിടെ ഗ്രഹിക്കുന്നു ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം വേത്തി അറിയുന്നു എന്നാണ് റിഞ്ഞാലോ എത്ര സ്ഥിതഹാം ആ സ്ഥിതിയിൽ സ്ഥിതനായവൻ ഉറച്ചവൻ ന ചലതീ തത്വതഹരിക്കൽ ധ്യാനവേളയിൽ ഈ സമാധി അനുഭവം ഏർപ്പെട്ടാൽ പിന്നീട് ഒരുപക്ഷെ പ്രാരബ്ധയാളെ കുറച്ച് വലിച്ചലച്ചാൽ പോലും ഈ ധ്യാനവേളയിൽ ഏർപ്പെട്ട ഈ സമാധി സുഖമുണ്ടല്ലോ നിശേഷം അയാളെ വിട്ടുപോവുകയില്ല നമ്മളുടെ സത്സംഗമൊക്കെ അതിനാണ് എപ്പോഴെങ്കിലും ഒക്കെ ഏതോ ഒരു ധന്യ മുഹൂർത്തത്തിൽ ഒരു ക്ഷണനേരം ചിലപ്പോ നമ്മൾ കാണും വസ്തുവിനെ നമ്മൾ അതിനൊരു സന്ദർഭം ഉണ്ടാക്കണോ ഉള്ളൂ ഇവിടെ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോ ഏതോ ഒരു ധന്യ മുഹൂർത്തത്തിൽ ഒരു ക്ഷണനേരം നമുക്ക് മേഘം നീങ്ങുമ്പോ സൂര്യൻ കാണപ്പെടുന്ന പോലെ ഉള്ളിലുള്ള ഈ മറ അവിടെ എവിടെ ആ വസ്തുവിനെ ഒന്ന് കണ്ടാൽ ഭഗവാൻ പറയണത് നചലതി തത്വത പിന്നീട് അത് നിശേഷമായി ഇയാളെ വിട്ടുപോകുന്ന പ്രശ്നമേ ഇല്ല മാത്രമല്ല രാമകൃഷ്ണ പരമവംസർ പറയുന്നു എപ്പോഴെങ്കിലും എന്തെങ്കിലും കൃപ കൊണ്ട് ഒരിക്കൽ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പേടിക്കേ വേണ്ട മരണസമയത്ത് അത് വീണ്ടും ഉണ്ടാവും എന്നാണ് മരണസമയത്ത് അയാൾക്കത് വീണ്ടും ഉണ്ടാവും നഷ്ടപ്പെട്ടു പോകൂല ആ ഉള്ളില് ഒരിക്കൽ പ്രകാശിച്ചാൽ തന്നെ ബാക്കിയുള്ള വാസനകളെയൊക്കെ അത് തന്നെ ക്ഷയിപ്പിക്കും ഉള്ളില് അപ്പോ ന ചലതി തത്വത ആ തത്വത്തിൽ നിന്നും താത്വികമായ സ്ഥിതിയിൽ നിന്നും ഇയാൾ പിന്നീട് പൂർണമായും ചലിച്ചു പോവില്ല നിശേഷം ചലിച്ചു പോവില്ല എന്നല്ല അർത്ഥം തൽക്കാലത്തേക്കൊക്കെ ചിലപ്പോ ചലിക്കും തൽക്കാലത്തേക്കൊക്കെ വിട്ടുപോകും ജഡഭരതൻ അടുത്ത ജന്മം മാനായിട്ട് ജനിച്ചു പിന്നീടും ജഡഭരതനായിട്ട് ജനിച്ചു ഭരതചക്രവർത്തി പക്ഷെ അങ്ങനെയൊക്കെ മാറി മാറി മാറി വരുമ്പോഴും മാനിന്റെ ശരീരത്തിനും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടില്ല അടുത്തത് ആ ബ്രാഹ്മണ ശരീരത്തിൽ നഷ്ടപ്പെട്ടില്ല ഈ ഭരതചക്രവർത്തിയായി ഉള്ളപ്പോ അദ്ദേഹത്തിന് ഏർപ്പെട്ട ആ സമാധി അനുഭവം നിജരമണാരുണ ചരണാരവിന്ദുധ്യാന് പരിചിത ഭക്തിയോഗേന് അവിടെ ഉള്ളില് ആ ഹൃദയ സരസിലാണ്ടു മുങ്ങിയിരുന്നു എന്നാണ് പറയുന്നത് ആ യോഗാനുഭവം അദ്ദേഹത്തിന് ഉപേക്ഷിച്ചില്ല നഷ്ടപ്പെട്ടില്ല മാനിന്റെ ശരീരത്തിലും ഉണ്ടായിരുന്നു ബ്രാഹ്മണ ശരീരത്തിലും നഷ്ടപ്പെടാതെ പ്രകാശിച്ചു അതാണ് രക്ഷിച്ചത് അപ്പോ സ്ഥിതശ്ചലത്തി നത്വത യം ലബ്വാ അപരം ലാഭം മന്യത്തെ ന അധികം തഥ മാത്രമല്ല ആ ലാഭം കിട്ടിയ ഒരു ഭിക്ഷക്കാരന് വലിയ നിധി കിട്ടിയാൽ പിന്നെ അടുത്ത ദിവസം വിക്ഷയെടുക്കാൻ വരുവോ തനിക്ക് കിട്ടേണ്ട ഒരു ലാഭം കിട്ടിക്കഴിഞ്ഞവൻ പിന്നീട് അതിനേക്കാളും അധികമായി മറ്റൊന്നും കരുതില്ല എന്നാണ് ഏതൊന്ന് കിട്ടിയാൽ അതിനേക്കാളും വലിയൊരു ലാഭമില്ലയോ അത് കിട്ടിക്കഴിഞ്ഞവൻ തൃപ്തോഭവതി പരിപൂർണ തൃപ്തനായിട്ട് തീരും അതിൽ രമിക്കുമ്പോ അയാൾ മത്തനായിട്ട് തീരും സ്തബ്ധനായിട്ട് തീരും ആത്മാരാമനായിട്ട് തീരും ആത്മരതിരേവ്യാത് ആത്മതൃപ്തശമാനവത്മന്യേവ സന്തുഷ്ടം വിദ്യത്തെ ദൈവത കൃതേന അർത്ഥ ഇനി ചെയ്തതുകൊണ്ട് അയാൾക്കൊന്നും നേടാനുമില്ല ചെയ്യാത്തതുകൊണ്ടൊന്നും നഷ്ടപ്പെടാനുമില്ല വെറും കളിയായിട്ട് ചിലപ്പോൾ ചെയ്തു വരും പലതും അപ്പൊ യം ലബ്ധുവ ഈ ഉള്ളിലുള്ള നിധി കിട്ടിയാൽ അപരം ലാഭം നെ അധികം അന്യമായിട്ടൊരു ലാഭത്തിനെ ഇനി അധികമായിട്ട് ഇതിലൊന്നും കരുതില്ല അയാൾക്ക് ഇനി വേറൊന്നും കിട്ടാനില്ല ശങ്കരാചാര്യ സ്വാമികൾക്ക് വല്ല അവാർഡ് വേണോ ആചാര്യസ്വാമികളുടെ അടുത്ത് നിങ്ങൾ വിവേക ചൂടാമണി എഴുതിയതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് പ്രയോജനമുണ്ടോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഏത് അവാർഡ് എന്തിന് ഈ േക്കാളും ഇനി വേറെ എന്ത് കിട്ടാൻ അല്ല കൊടുക്കാൻ തന്നെ യോഗ്യത ഉള്ളവരാരെങ്കിലും ഉണ്ടോ അപ്പൊ എം ലബ്ധ അപരം ലാഭം മന്യതേന അധികം തഥ ആ ലാഭം ആത്മലാഭം നിജലാഭ തുഷ്ട ശുഖബ്രഹ്മ മഹർഷിയെ ഭാഗവിതത്തിൽ ആദ്യം അവതരിപ്പിക്കുമ്പോൾ തന്നെ പറഞ്ഞതാണ് നിജലാഭ തുഷ്ടനിക്ക് തന്നെ കിട്ടിയതിന്റെ ആനന്ദം അദ്ദേഹത്തിന് മുഖത്തുണ്ടായിരുന്നു എന്നാണ് തന്നെ കിട്ടിയതിന്റെ ആശ്വാസം അദ്ദേഹത്തിന് മുഖത്തുണ്ടായിരുന്നു തന്നെ കിട്ടിയതിന്റെ സന്തോഷം തൃപ്തി അപ്പോ ആ ലാഭത്തില് രമിച്ചുകൊണ്ടിരിക്കുന്നവൻ യസ്മിൻ സ്ഥിത ക്രമേണ അതിൽ ൃഢപപ്രതിഷ്ഠിതനായാൽ ചിലപ്പോൾ ആദ്യമൊക്കെ സമാധിയില് ധ്യാനത്തിൽ അല്പ അല്പമൊക്കെ തെളിഞ്ഞിട്ട് പോകും ക്രമേണ ക്രമേണ ക്രമേണ അത് നമ്മളുടെ സ്ഥിരം വീടാക്കുക സ്ഥിരം താമസം അവിടെ ആക്കിയ സ്ഥിരം അവിടെ ഇരുന്നു കൊണ്ടാണ് പ്രവർത്തിയെങ്കിൽ ചില ആളുകളൊക്കെ വീട്ടില് ഇടക്കിടക്ക് വന്ന് താമസിക്കും കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ഥിരമായി താമസിച്ച ഒന്നും പറയണില്ലെങ്കിൽ അല്ലെ അതുപോലെ ഉള്ളിലെ ഹൃദയസ്ഥാനത്തിലുള്ള താമസം ഹൃദയസ്ഥാനത്തിൽ ചലിക്കാതെ രാമകൃഷ്ണ പരമാംസര ഒരു ഉദാഹരണം പറയണത് തോണിയിൽ കപ്പലിലിരുന്നു ഒരു കാക്ക ഉറങ്ങിയത്രേ കപ്പൽ നടു സമുദ്രത്തിലെത്തി കാക്ക എണീറ്റിട്ട് നോക്കുമ്പോൾ ചുറ്റും സമുദ്രം കിഴക്ക് വശത്തേക്ക് ദൂരം പറന്നു പറന്ന് പറന്ന് കര കാണാൻ വയ്യ ചിറകു കുഴഞ്ഞപ്പോ തിരിച്ചു വന്ന് കപ്പലിന്റെ പായ്ക്കപ്പലിന്റെ തോണിയിൽ വന്നിരുന്നു കുറച്ചു കഴിഞ്ഞു വടക്കു വശത്തേക്ക് കുറെ ദൂരം പറഞ്ഞു അപ്പോഴും കര കാണാനില്ല ചിരക് ക്ഷി കുഴഞ്ഞപ്പോ വീണ്ടും വന്ന് പായ്ക്കപ്പലിന്റെ പായ്മരത്തിൽ വന്നിരുന്നു തെക്കു വശത്തേക്കും പറന്നു വന്നിരുന്നു പടിഞ്ഞാട്ടേക്ക് പറന്നു വന്നിരുന്നു അവസാനം ഇനി എവിടെയും പോയിട്ട് കാര്യമില്ല കപ്പലേ ഇരുന്നു അത്ര ഇതുപോലെ മനസ്സ് സർവ്വത്ര അന്വേഷിച്ച് ചലിച്ച് ചലിച്ച് മതിയായിട്ട് അവസാനം ഇരിക്കേണ്ടടുത്ത് ഇരിക്കുന്നു ടത്ത് ഇരുന്നാൽ നടക്കേണ്ടതൊക്കെ തനിയെ നടക്കും എന്ന് രമണ മഹർഷിയുടെ ഒരു മഹാവാക്യമാണ് താനിരിക്കേണ്ടടുത്ത് താനിരുന്നാൽ നടക്കേണ്ടതൊക്കെ തനിയെ നടക്കും മലയാളത്തിലൊരു ചൊല്ലുണ്ട് താൻ ഇരിക്കേണ്ട അടുത്ത് താൻ ഇരുന്നില്ലെങ്കിൽ നായ കയറിയിരിക്കുന്നൊരു ചൊല്ലുണ്ട് അതായത് താനിരിക്കേണ്ട അടുത്ത് തൻ്റെ സ്വരൂപത്തിൽ അജ്ഞാനം കയറി അവിടെ ഇരിക്കും അഹങ്കാരം അവിടെ കയറിയിരിക്കും ശരീരാഭിമാനം അവിടെ കയറിയിരിക്കും അപ്പോ യസ്മിൻ സ്ഥിതോന ദുഃഖേന ഗുരുണാപി വി അവിടെ സ്ഥിതനായാൽ ഗുരുണാപി ദുഃഖേനന വിചാല് അത് ഏറ്റവും വലിയ ദുഃഖം സഹിക്കവയ്യാത്ത ദുഃഖം വന്നാൽ പോലും അതിൽ നിന്ന് ചലിക്കില്ല എന്നാണ് സഹിക്കാൻ വയ്യാത്ത ദുഃഖം ഏർപ്പെട്ടാൽ പോലും ആ ദുഃഖം പോലും ആത്മസ്ഥിതനായ യോഗിയെ ചലിപ്പിക്കില്ല അതാണ് സാക്ഷാത്കാരത്തിന്റെ ലക്ഷണം അല്ല അല്പസ്വല്പ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും വന്നാൽ ചലിച്ചുപോകും പക്ഷെ യഥാർത്ഥ സ്ഥിതിയാണെങ്കിൽ എന്തു തന്നെ വന്നാലും ആ സ്ഥിതി അയാൾ നഷ്ടപ്പെടുത്തി കളയിലാണ് എസ്മിൻ സ്ഥിത്തോന ദുഃഖേന ഗുരുണാ വിചാലയത്തെ ആ സ്ഥിതിയെ തം വിം സ നിശ്ചയോക്തൃ യോഗ സംയോഗിയോഗം യോഗ അതിനെയാണ് യോഗം എന്ന് പറയുന്നത് യോഗത്തിനൊരു ഡെഫനേഷൻ ഭഗവാൻ കൊടുത്തു ദുഃഖ സംയോഗ വിയോഗം ദുഃഖമുണ്ടാക്കുന്ന വസ്തുക്കളോടുള്ള സംയോഗത്തിനെ ഉപേക്ഷിക്കുന്നതാണ് യോഗം യോഗം നമുക്ക് ഇപ്പൊ ഉണ്ട് യോഗം നേടിയെടുക്കേണ്ടതല്ല പക്ഷെ യോഗം നമുക്ക് അനുഭവത്തിൽ വരാതിരിക്കാൻ കാരണം എന്താ ദുഃഖത്തിന് കാരണമായ നമ്മളല്ലാത്ത വസ്തുക്കളെയൊക്കെ നമ്മൾ എന്ന് കരുതി സംയോഗം വെച്ചുകൊണ്ടിരിക്കും ആ സംയോഗം ഉപേക്ഷിച്ചാൽ നമുക്ക് യോഗമായി നമ്മൾ തന്നെ ദുഃഖത്തിന് കാരണമായ വസ്തുക്കളെ കെട്ടിപ്പിടിച്ച് നിക്കുക ഒരാള് നദീ കരയില് നിക്കുമ്പോഴേ എന്തോ നദിയില് ഒരു കമ്പിളി ഒഴുകി പോകുന്നത് കണ്ടു അപ്പൊ നാലുപേര് കാണുമ്പോ വലിയ ആളാവാൻ വേണ്ടി വെള്ളത്തിൽ എടുത്ത് ചാടി നീന്തി ചെന്ന് പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോ നിലവിളിക്കാൻ തുടങ്ങി അവിടെ എന്നെ രക്ഷിക്കുവോ രക്ഷിക്കോ നിലവിളിക്കാൻ തുടങ്ങി വെള്ളം കുടിച്ചു കൊറേ നേരം കഴിഞ്ഞ് പെടയാൻ തുടങ്ങിയപ്പോ ആളുകൾ പറഞ്ഞു ഓയി യും ദൂരെ നീന്തി പോയില്ലേ അത് വിട്ടിട്ട് നീന്തി ഇങ്ങോട്ട് വരൂ അപ്പൊ അയാൾ അവിടെ നിന്ന് പറഞ്ഞു ഞാൻ അപ്പോഴേ വിട്ടു അതെന്നെ വിടണില്ലാന്നാണ് കരടിയായിരുന്നു അത്രയത് കമ്പിളിന്ന് പറഞ്ഞ് കയറി പിടിച്ചപ്പോ അത് ഇങ്ങോട്ട് പിടിച്ചു അത് ഇങ്ങോട്ട് പിടിച്ചപ്പോ നമ്മള് വിട്ടാലും അത് വിടണില്ല ഇതൊരു ചൊല്ലുണ്ട് വിട്ടാലും വിടണില്ലാ കമ്പിളി കെട്ടം എന്ന് പറയും നമ്മൾ കരടി പോയി പോയി കമ്പിളി എന്ന് കരുതി പിടിച്ചു എന്നാണ് അതുപോലെ ദുഃഖം തരുന്നതായ ശരീരം മനസ്സ് ഇതിനോട് സംബന്ധമായ പുറമേക്കുള്ള വസ്തുക്കളെയൊക്കെ ഞാനെന്നും എന്റേതെന്നും ഉള്ള അഭിമാനമാണ് സംയോഗം ഈ സംയോഗം വാസ്തവത്തിൽ ഇല്ലാത്തതാണ് അത് അജ്ഞാനം മാത്രമാണ് വാസ്തവത്തിൽ സംയോഗമില്ല ദിവസം സുഷുപ്തിയിൽ നമുക്കിതൊക്കെ വിട്ടുപോകുന്നു മരണത്തിൽ വിട്ടുപോകുന്നു വാസ്തവത്തിൽ ഇല്ലാത്തതാണ് ബന്ധുക്കളോടും അവരോടും സംയോഗം ഒരു കാലത്ത് ഇല്ലാത്തതാണ് അല്ലേ വന്നിട്ട് വെറും ഭാവനയിൽ മാത്രം ഉള്ളതാണ് ഒരു വിധത്തിലോ അറിയാത്ത ഒരു പെൺകുട്ടി എപ്പോഴോ വിവാഹം കഴിച്ചാൽ അങ്ങനെ ഒരു ബന്ധം അത് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും വന്നാൽ എനിക്ക് ദുഃഖം അവർ മരിച്ചു കുറച്ചു കാലം കഴിഞ്ഞാൽ മറന്നുപോകുന്നു പലരും മറന്നുപോകും അല്ലേ കുറച്ച് കഴിഞ്ഞാൽ അധികം പേരും മറന്നുപോകും കഴിയുമ്പോൾ മറന്നുപോകും എങ്ങനെ മറന്നുപോയി വാസ്തവത്തിൽ ഇല്ലാത്തതാണ് ബന്ധമേ വാസ്തവത്തിൽ ഇല്ലാത്തതായ ബന്ധം ഉള്ള പോലെ തോന്നി കുറച്ച് കഴിയുമ്പോൾ അത് വിട്ടുപോവുകയും ചെയ്യുന്നു അപ്പൊ ഇവിടെ വാസ്തവത്തിൽ ഒന്നിനോടും നമുക്ക് സംയോഗമില്ലാത്തത് കൊണ്ട് ആ സംയോഗവിയോഗം ആ സംയോഗത്തിനെ ബുദ്ധി കൊണ്ട് വിവേകം കൊണ്ട് ഇതൊന്നും ഉണ്മയല്ലാന്ന് അറിയുന്നവരാണ് വിയോഗം ഇതൊക്കെ നിൽക്കണു വ്യവഹാരത്തിന് വേണം വ്യവഹാരത്തിന് ഒന്നും തെറ്റില്ല നിർവാഹത്തിന് വേണം പക്ഷെ അതിൽ ബന്ധം സ്ഥാപിച്ചാൽ അത് ഉണ്മയെന്ന് കരുതിയാൽ അത് നമ്മളെ കഠിക്കും അപ്പൊ ദുഃഖം ഉണ്ടാകും അപ്പൊ ദുഃഖത്തിനെ ഉണ്ടാക്കുന്ന വസ്തുക്കൾക്ക് തന്നെ ഭഗവാൻ ദുഃഖം എന്ന് പേര് വെച്ചു ദുഃഖം ഉണ്ടാക്കുന്ന വസ്തുക്കൾക്കും കർമ്മങ്ങൾക്കും സങ്കല്പങ്ങൾക്കും ഭഗവാൻ ദുഃഖം എന്ന് പേര് വെച്ചു സങ്കല്പത്തിലെ ദുഃഖം കർമ്മങ്ങളിലെ ദുഃഖം വ്യക്തികളിൽ ഇതിലൊക്കെ ചെന്ന് പിടിപെട്ടിട്ടുള്ള ബുദ്ധി ദുഃഖിക്കും ആ പിടിപാട് വിടുവിപ്പിക്കുക അതാണ് യോഗം എന്നാണ് ദുഃഖ സംയോഗിയോഗം യോഗസംജ്ഞിതം അതിന് യോഗം എന്ന സംജ്ഞ പേര് അധ്യാസ നിരാകരണം അധ്യാസത്തിനെ നീക്കുക ഞാൻ എന്ന് കരുതുന്നത് വിവേചനം ചെയ്ത് നിക്കിയാൽ ഞാൻ ഞാനായിട്ട് നിൽക്കും ഈ യോഗത്തിനെ നിശ്ചയേന യോക്താവ എന്താ ഈശ്വരവചനം ഈശ്വരൻ അടിച്ചു ഈശ്വരൻ ഇവിടെ മാത്രമേ അടിച്ചു പറഞ്ഞിട്ടു കൃഷ്ണനെ ഉദ്ധരിക്കുമ്പോ ആചാര്യപാദൻ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിലോ ഉപനിഷത് ഭാഷ്യത്തിലോ ഒക്കെ ഗീതയിൽ ഇങ്ങനെ പറഞ്ഞു കൃഷ്ണൻ പറഞ്ഞു എന്നൊന്നും പറയില്ല ഇതി ഈശ്വരവചനം രണ്ടു വാക്കുകളെ പറയുകയുള്ളൂ ഇത് ഈശ്വരവചനം അല്ലെങ്കിൽ ഇതി വ്യാസവചനം അടിച്ചു പറയാ ഭഗവാൻ നിശ്ചയേന യുക്തവ്യാഹാനം ആ യോഗം നിശ്ചയമായിട്ടും യോജിപ്പിക്കേണ്ടതാണ് നിശ്ചയമായിട്ടും പ്രായോഗികത്തിൽ വരുത്തേണ്ടതാണ് അനിർവിണ്ണ ചേതാ അതില് വെറുപ്പ് വന്നു പോവാതെ വാടി പോവാതെ തളർന്നു പോവാതെ പരിശീലിക്കണം ആ അതില് തളർച്ച ക്ഷീണം തോന്നരുത് യോ മതി എന്ന് തോന്നരുത് കാരണം ഇത് നമ്മളെ രക്ഷിക്കുന്ന താരകമാണ് രാമനാമത്തിനും പ്രണവത്തിനും ഒക്കെ താരകം എന്നു പേരുണ്ട് അത് കാരണം എന്താ അത് ജപിക്കുന്നത് ഈ വിദ്യ തെളിയും എന്നുള്ളത് താരകം എന്ന പേര് അത് ജപം ചെയ്യുന്നത് കൊണ്ട് ഈ ബ്രഹ്മവിദ്യ തെളിയും എന്നുള്ളത് കൊണ്ട് അതിന് താരകം എന്നു പേര് അപ്പൊ ഈ താരകം നിശ്ചയമേന യോക്തവ്യ അത് നല്ലവണ്ണം ഉറപ്പിച്ച് ദൃഢബുദ്ധിയോടുകൂടെ ഇത് പരിശീലിക്കേണ്ടിയിരിക്കുന്നു പരിശീലിച്ച് സങ്കല്പ മണ്ഡലത്തിലുള്ള കാമനകളെയൊക്കെ നീക്കി സ്വരൂപത്തിൽ നിർത്തണം ഇതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത് അത് നമ്മൾ നാളെ കാണാം